അത്രോച്യപരോക്ഷഹൃദയോ്യധിപദിനെക്ഷണവേദ്യേ സത്യത്തി അപ്രോക്ഷഹരോഗ്യതക്ഷണ യോഗ്യതക്ഷണധർമ്മീകാരേ അവ്യക്തിമോക്ഷദസംഭവ അപത്സിദ്ധാന്പത്തിശ്ചേതി സങ്കണീയം അവേദ്യത്തെ സതി അപരോക്ഷോഹാരോഗ്യത്വം ഇത് തന്നെയാണ് അവസാനത്തെ ലക്ഷണം തന്നെയാണ് സ്വപ്രകാശത്തിന്റെ ലക്ഷണം അപ്പതില് ആദ്യം വരുന്നത് അയാപ്തി ദോഷം എന്തുകൊണ്ട് മോക്ഷദശായം തത് അസംഭവാരോക്ഷോഹാരോഗ്യ ത്വം എന്ന് പറയുന്ന സാധനം അതൊരു ധർമ്മമാണ് അത് മോക്ഷദശയില കാരണം മോക്ഷദശയിൽ അദ്വൈതികൾ ആത്മാവ് മറ്റൊന്നിനെയും മറ്റൊരു ധർമ്മത്തെ സ്വീകരിക്കുന്നില്ല അപ്പോ ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് സുപ്രകാശാത്മാ അതില് ലക്ഷണം സമന്യിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപരോക്ഷ്യം ലക്ഷ്യത്തിന്റെ ഏകദേശത്തിൽ ഉണ്ട് ഏകദേശത്തിൽ ഇല്ല എവിടെയാളുള്ളത് സംസാരദിശയിൽ അപരോക്ഷ ദശയിൽ ഇല്ല ലക്ഷ്യവൃത്തി ലക്ഷ്യദേശ ആവർത്തിവം വ്യാപ്തി ദോഷം ലക്ഷണത്തിൽ ഉണ്ട് അതൊരു ദോഷം മറ്റൊന്നെന്താണോ അസംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നു അല്ല അസംഭവണ പറഞ്ഞത് അവസിദ്ധാന്താവ് അവസിദ്ധാന്താവത്തി എങ്ങനെ വന്നു അവ അവഹാരോഗ്യത്വം എന്ന് പറയുന്ന ഒരു ധർമ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സംസാര ദശയിൽ എന്തായാലും മുക്തിയില മുക്തിയിലില്ലാത്തവണ്ണ വ്യാപ്തി ഉണ്ട് പക്ഷെ സംസാരദിശയിൽ അങ്ങനെ ഒരു ധർമ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്വൈതികൾക്ക് അവരുടെ സിദ്ധാന്തത്തിന് വിരോധം വരും അദ്വൈയമായ ആത്മാവിൽ മറ്റൊരു ധർമ്മത്തെ സ്വീകരിച്ചു ആത്മാവ് നിർഗുണമാണ് അവിടെ ഒന്നും ഒരിടപാടും പാടില്ല അവിടെ എന്ത് ചെയ്തു മറ്റൊരു ധർമ്മം അപ്പോ അതെന്താണോ അപസിദ്ധാന്തം സിദ്ധാന്തത്തിന് വിരുദ്ധമാണോ ഇതിന് ജയസങ്കനീയം യോഗ്യത്വ അത്യന്താഭാവ അനധികാഭാവ അനധികരണത്വം എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ യോഗ്യത്വം എന്ന് പറഞ്ഞാൽ ബാക്കി ചേർത്തോളൂ എന്താണ് അവസാന യോഗ്യത്വം അവൈദ്യ ോക്ഷ വ്യവഹാര യോഗ്യത്വം ഈ യോഗ്യത്വ അത്യന്താഭാവ അനധികരണത്വം നടത്തുകഴിഞ്ഞാൽ അത് സംസാരദശയിലുമുണ്ട് മുക്തിദശയിലുമുണ്ട് ആദ്യം മുക്തിദശയിലെങ്ങനെ വരുന്നു എന്നുള്ളതാണ് മുക്തിദശയിൽ എല്ലാ ധർമ്മങ്ങളും നശിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണോ ധംസമേ ഉള്ളൂ ഈ ധർമ്മങ്ങളുടെ എല്ലാം ധംസമാണുള്ളത് മുക്തി ദിശയിൽ എന്ന് വെച്ചാൽ എന്തല്ല അത്യന്താഭാവമേ ഈ വിഷയത്തെ കുറിച്ച് ഇനി ചർച്ച ചെയ്യും ഇവിടെ ഇങ്ങനെ പറയുന്നതിന് കാരണം കാരണം ധ്വംസ അധികണത്തിൽ അത്യന്താഭാവം ഇരിക്കത്തില്ല എന്നുള്ള പ്രാചീന നെയ്യാകന്മാരുടെ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് അത് ഇനി വരാൻ പോകുന്ന ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകും ധംസത്തിന്റെ അധികാരണത്തിൽ അത്യന്ത ഇരിക്കില്ല അതായത് ഘടോധ്വസ്ത കപാലത്തെ നോക്കിയിട്ട് ഒരാൾ പറയുകയാണ് ഘടോ ധ്വസ്ത എന്ന് വെച്ചാൽ അയാൾക്ക് അവിടെ കപാലത്തിൽ പ്രത്യക്ഷമാവുന്ന ധംസമാണ് അല്ല ഘടത്തിന്റെ അത്യന്ത ഭാവം അല്ല അതുകൊണ്ട് ധ്വംസത്തിന്റെ അധികാരണത്തിൽ ഒരിക്കലും അത്യന്താഭാവം ഇരിക്കത്തില്ല ഇപ്പോ മുക്തി ദശയിൽ വ്യവഹാരങ്ങളെല്ലാം എന്ത് ചെയ്തു നശിച്ചു വ്യവഹാരം മാത്രം എല്ലാ ധർമ്മങ്ങളും നശിച്ചു അപ്പോൾ അവശിഷ്ട അപരോക്ഷ വ്യവഹാര യോഗ്യത്വോടെ നശിച്ചു അതിന്റെ ധ്വംസമേ അപ്പോൾ യോഗ്യത്വ അത്യന്താഭാവം അത്യന്താഭാവ അധികരണം അല്ല ഏത് മുക്തിദിശിലാണ് അത്യന്താഭാവ അധികരണം അല്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അത്യന്താഭാവ അനധികരണമാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരുന്നു അത്യന്താഭാവ അനധികരണത്തോന്നു അപ്പോ അവിടെ ലക്ഷണം സമന്വയിച്ച് മുക്തിദിശ അപ്പോ അവശിഷ്ട അപരോക്ഷ യോഗ്യത്വം അവേദ്യത്വവിഷ്ടപുരോഷര യോഗ്യത്വ അനധികരണത്വന്ന് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ശരിയാവും പിന്നെ അപസിദ്ധാന്തം എവിടെ അങ്ങനെ ആ യോഗ്യത്വ അത്യന്താഭാവ അനധികരണത്വം യോഗ്യത്വ അത്യന്താഭാവ അനധികരണത്വം എന്ന് പറയുമ്പോൾ അവിടെ ചോദിച്ചു കാരണം അവിടെ അത്യന്താഭാവം ഇല്ല അത്യന്താഭാവം ഇല്ലെങ്കിൽ എന്തോരം അത്യന്താഭാവ അനധികരണത്വം അവിടെ ഉള്ള എന്താണ് ധ്വംസമാണ് ധ്വംസാധികൾ അത്യന്താഭാവം തിരിക്കില്ല ആ സിദ്ധാന്തം അനുസരിച്ചാണ് കാരണം ഈ പറയുന്ന എല്ലാം താർക്കികന്മാരുടെ ചോദ്യമാണ് അപ്പൊ അവരോട് സമാനം പറയുമ്പം അവരുടെ വ്യക്തി അനുസരിച്ച് പറയുന്നു അപ്പൊ നമ്മുടെ വ്യക്തിയിൽ കയറി ചോദിക്കുക അതെന്താ നമ്മുടെ വ്യക്തിക്ക് ഇവിടെ വിലയൊന്നും ഇല്ല ആരാണോ അവർക്ക് ോിച്ച മറുപടി പറയണം അപ്പോൾ ഇവിടെ നമ്മുടെ കാടൻ യുക്തികൾ കൊണ്ടുവരരുത് നമ്മുടെ ഇല്ല ഒരുപാട് കാട്ടു യുക്തികളാണ് ഐ അതെങ്ങനെ അങ്ങനെ അത്യന്താവാദിത് അതെന്ന് ചോദിച്ചത് അതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല താർക്കികൻ്റെ യുക്തിക്ക് മറുപടി പറയുകയാണ് അപ്പോൾ താർക്കികനോട് പറയുന്നത് നിങ്ങളുടെ സിദ്ധാന്തം ഇത് ശരിയാണോ അപ്പം നമ്മുടെ പെട്ടെന്ന് മനസ്സി അതങ്ങനെ ശരിയാവുക ഇത് ഇങ്ങനെയാണല്ലോ അത് നിങ്ങളുടെ യുക്തി അതിനല്ല ഇവിടെ സമാനം പറയുന്നു ഇവിടെ പറയുന്ന ചോദ്യങ്ങൾക്ക് സമാനം പറയുമ്പോ അവർക്ക് മനസ്സിലാവുന്ന രീതി അവർക്ക് ബോധ്യപ്പെടുന്ന രീതി പറഞ്ഞു അപ്പൊ അവിടെ ശരിയായി ഇനി ബാക്കി കിടക്കുന്നു എന്താണ് സംസാരദശയില് ധർമ്മം ഉണ്ടല്ലോ അതിന്റെ ധ്വംസമല്ലേ അവേദ്യത്യതി അപരോക്ഷോഹാരോഗ്യത്വത്തിന്റെ ധംസമല്ലേ മുക്തിയില് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഇതുകൊണ്ട് പ്രതിയോഗി ഉണ്ടല്ലോ ധംസം പ്രതി പ്രതിയോഗിന കാരണത്വം ഇതൊക്കെ താർക്കികമായിട്ട് സിദ്ധാന്തമാണ് അപ്പൊ പ്രതിയോഗി ഇത് വിദണ്ഠാവാദം തുടക്കത്തിലേ പറഞ്ഞു ഇതിനു മുമ്പ് ഖണ്ഡനഖണ്ഡകാദ്യകാരനാണ് എന്തു ചെയ്തത് കാര്ക്കിയന്മാർ പറയുന്ന അവരുടെ എല്ലാ ലക്ഷണങ്ങളെയും ഗണ്ണിച്ചു നിങ്ങളെ ഈ ലക്ഷണം ഒന്നും ശരിയല്ല അത് വിദണ്ട വാദമാണ് എന്നാൽ പിന്നെ നിങ്ങളുടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അത് പറയുന്നില്ല നിങ്ങളും ശരിയല്ല ഇവിടെ വിതണ്ടാവാദം ഇവിടെ എന്ത് വേണം കൂടെ പറയുന്നു പിന്നെ അവർ മനസ്സിലാക്കണ്ടേ നമ്മൾ എന്നുവെച്ചാൽ അദ്വൈതികൾ അദ്വൈതികള് മറ്റവരെ ഖണ്ഡിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ അദ്വൈതിക്ക് പ്രയോജനം അദ്വൈത സിദ്ധാന്തം അവർ മനസ്സിലാക്കണ്ടേ അപ്പോൾ ഖണ്ഡന ഒരു ഭാഗത്ത് നടക്കും സിദ്ധാന്തവും വെളിപ്പെടും അതാണ് ഇതിൻ്റെ പ്രയോജനം നമ്മൾ ചർച്ച ചെയ്യുന്നു അതുകൊണ്ടാണ് ഇവിടേ ഖണ്ഡിക്കാനാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം ഖണ്ഡനം മണ്ഡനം കൊണ്ട് എന്താ പ്രയോജനം ബുദ്ധിക്ക് ആയാസം ഉണ്ടാക്കുന്നേ ഉള്ളൂ ഇതങ്ങനെയല്ല ഇവിടെ ഇതിൻ്റെ പ്രയോജനം അതാണ് എന്താണ് അദ്വൈത സിദ്ധാന്തം അതും വെളിപ്പെടുത്തുന്നുണ്ട് ഇതേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അഭ്യാസങ്ങളൊക്കെ പഠിച്ച ഒരു ആശാൻ നല്ല ഒരു കുറുപടി ആയിട്ട് അടിക്കാൻ വന്നു അത് കറക്കി വീശി അടിക്കാനൊക്കെ അറിയാം തമിഴിലെ അഭ്യാസങ്ങളുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പേര് പറയുള്ളു തമിഴിൽ കാണിക്കുന്ന ഈ അഭ്യാസം കമ്പുകൊണ്ട് ഏ എന്താണ് എന്നൊക്കെ പറഞ്ഞ ചില അഭ്യാസങ്ങളുണ്ട് അതുപോലെ അഭ്യാസം കൊണ്ടുവന്നപ്പോ അദ്വൈതി എന്താ ചെയ്യുന്നത് ആ വടി പിടിച്ചു വാങ്ങി അവന് എന്നെ തിരിച്ചു കൊടുക്കുക അതാണ് ഇവിടെ അദ്വൈതി ചെയ്തു അത് പിടിച്ചു വാങ്ങി തിരിച്ചു കൊടുക്കുക പിടിച്ചു വാങ്ങാൻ ഒരു കഴിവ് വേണം അതാണ് ചെയ്തത് പിന്നെ ആ വടിയങ്ങോട്ട് ദൂരത്തെറിഞ്ഞിട്ട് തന്റെ കൈ കൊണ്ട് രണ്ടു കൂടെ കൊടുക്കുക ഇനി മേലാല് ഈ പണിക്ക് വരരുത് അതാണ് സിദ്ധാന്തം കൂടെ പറയുന്നത് അവൻ്റെ പടി കൊണ്ട് തന്നെ അവൻ അടിയും കൊടുത്തു പിന്നെ ചില മെയ്വഴക്കങ്ങളുടെ അങ്ങോട്ട് പ്രദർശിപ്പിച്ച് വിടുക പിന്നെ ഈ പണിക്ക് വരരുത് അപ്പം സിദ്ധാന്തമനുസരിച്ച് സമാനം പറയാണ് അടുത്ത് യോഗ്യത്വ അത്യന്താഭാവ അനധികണത്വം ഗുണവത്വ അത്യന്താഭാവ അനധികരണസ്യ ദ്രവ്യത്വത് തേനന അഭ്യാപ്തിഹി അത് ഇനി ഒരു കൂടെ പറയാറ് അത് നമ്മൾ ഒന്നുകൂടെ വിശദീകരിക്കും നാപ്യപസിദ്ധാന്ത അടുത്ത് വടിയില്ലാതെ അടിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ അപസിദ്ധാന്തവും ഇല്ല എന്തുകൊണ്ട് കാൽപ്പനിക ധർമാണ സംസാരദശായം അഭ്യുപകമാ നിങ്ങൾ ഈ വടിയും കൊണ്ടടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നതും കേൾക്കണ്ടേ നിങ്ങൾ പറയുന്ന ഞങ്ങൾ കേട്ടാൽ മാത്രം മതിയോ ഞങ്ങളുടെ സിദ്ധാന്തമൊന്നുകൂടെ ഞങ്ങൾ മനസ്സിലാക്കണ്ടേ അല്ലാവിന് ഇതിനാ സംസാരിച്ചിട്ടെന്താ കാര്യം അത് പറഞ്ഞു സംസാരദശയിലും ഇല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം സത്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് എല്ലാം കാൽപ്പനികമാണ് സംസാരദശയിൽ ഈ ഉണ്ടെന്ന് പറയുന്നതും പരമാർത്ഥത്തിൽ ഇല്ല അപ്പൊ ഞങ്ങൾ സംസാരദശയിൽ ബ്രഹ്മത്തിൽ നിന്ന് അതിരിക്തമായി ഒന്നിനെയും സത്യമായി സ്വീകരിക്കുന്നില്ല കാൽപ്പനികമായി എന്തുണ്ടായ എന്തുണ്ടായാലും ഞങ്ങളെ ഒന്നും ബാധിക്കുന്ന പ്രശ്നം ഇല്ല എന്തുവേണമായിരുന്നോട്ടെ ഹിമാലയ പർവ്വതമോ അറേബ്യൻ മഹാസമുദ്രമോ എന്ത് ബ്രഹ്മത്തിരുന്നാലും ബ്രഹ്മത്തിന് യാതൊരു കുലുക്കില്ല എന്തുകൊണ്ട് കാൽപ്പനികമാണ് അതുകൊണ്ട് അപസിദ്ധാന്തം എവിടെ വരുന്നു അത് സ്വന്ത സിദ്ധാന്തം അനുസരിച്ച് പറഞ്ഞു അവരുടെ വടിക്കനുസരിച്ച് അടി കൊടുത്തല്ലോ ഈ സ്വന്ത സിദ്ധാന്തം കൂടെ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ സിദ്ധാന്തം അപ്പം അപസിദ്ധാന്തവും പോയി ഇതാണ് ചുസ്തീകാരന്റെ കർഗികമാർ വരുമ്പ അവരുടെ ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞിട്ട് ബാക്കി സ്വന്തം സിദ്ധാന്തമനുസരിച്ച് സമാനം പറയും പിന്നെ ഈ കാൽപനികത എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അവർ വിടും എന്താണ് നിങ്ങളുടെ ഈ കാൽപ്പനികത അതിന് ഇനി വേറെ നിത്യാത്ഥ നിരൂപണത്തിൽ അതിന് സമാനം പറയും എന്താണ് കാൽപനികത എന്താണ് അപ്പോൾ അവിടെ അവരുടെ ഭാഷയിൽ തന്നെ മറുപടി പറയും അപ്പം പ്രശ്നം തീരുന്നില്ല ഇതൊക്കെ കാൽപ്പനികമാണ് കല്പിതമാണ് മിഥ്യണെന്ന് പറഞ്ഞാൽ തർഗിം വരങ്ങേരും അതവിടെ നോക്കാം അതിൻ്റെ ഭാഗം വരട്ടെ അതുകൊണ്ടാണ് അദ്വൈത സിദ്ധിയിൽ ആദ്യം മിഥ്യാത്വ നിരൂപണം അതവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം പിന്നെ ആണ് മുമ്പോട്ട് ചെന്നിട്ടാണ് സ്വപ്രകാശമൊക്കെ ചർച്ച ചെയ്യുന്നത് പിന്നെ ഒരു ചോദ്യം വരത്തില്ലോ അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞു അത് വരുത്തിയ ഒരു പരിഷ്കാരമാണ് മോസന സരസ്വദി കാരണം ഇവിടെ ഇപ്പം കാൽപ്പനിക ധർമ്മം എന്ന് പറഞ്ഞാലും കർക്കികനൊരു സന്തോഷവും വരത്തില്ല കാരണം ഇതെന്താ ഈ കാൽപ്പനികത നിങ്ങളെ സിദ്ധാന്തം പറഞ്ഞാൽ ശരി നിങ്ങളെ സിദ്ധാന്തം നിങ്ങൾക്കല്ലേ ബോധിക്കത്തുള്ളു ഞങ്ങൾക്ക് ബോധിക്കില്ലേ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ കാല്പനികത പറയാം പിന്നെ ബാക്കി സിദ്ധാന്തം പറയാം നിങ്ങളെ ബോധ്യപ്പെടുത്താം എന്ന് പറഞ്ഞാണ് മഹസുന സരസ്വതി ആദ്യം തന്നെ മിഥ്യാത്വം നിരൂപണം ചെയ്യും അപ്പൊ അതും ഒരു നല്ല രീതിയാണ് അപ്പം മിഥ്യാത്വം എന്താണെന്ന് മനസ്സിലാകും പിന്നെ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് കാൽപ്പനിക ധർമാണ സംസാരദശ്യം കാൽപ്പനിക ധർമ്മങ്ങളെ സംസാരദശയും ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് സംസാരദിശയിൽ അവൈദ്യത്വം ഇഷ്ടാപരോക്ഷര യോഗ്യത്വം ഉണ്ടെങ്കിലും ഞങ്ങൾക്കില്ലാത്തതുപോലെ തന്നെ അതൊന്നും ബ്രഹ്മത്തിന്റെ അദ്വൈ ഭാവത്തെ അതൊന്നും വഞ്ചിക്കത്തില്ല ശരി ഇത് ശിസുക്ക് ആചാര്യർ പറയുന്നത് ഇത് അഭിപ്രായമല്ല ഞങ്ങളുടെ അദ്വൈത പരമ്പരയിലെ ആചാര്യന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ആദ്യം സുരേശ്വരാചാര്യരുടെ साधकत्व प्रकल्पने संसारं കേം നശ്യസിസാരം തൽവചരാ സംസാരദശയിൽ പ്രപഞ്ചം ബ്രഹ്മത്തിൽ കൽമാണെന്നുള്ള കാര്യം സുരേഷ് രാജാരുടെ മുമ്പിലും പൂർവ്വപക്ഷി കൊണ്ടുവരും അതായത് നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ബ്രഹ്മം എങ്ങനെ ജഗത്തിന് കാരണമാകും അതാണ് ബ്രഹ്മത്തിൽ ജഗത് കാരണത്വം ശ്രദ്ധിക്കുക സാധിക്കും സാധാരണ അദ്വൈതികളോട് ചോദിക്കുന്നുണ്ടോ നിർഗുണത്തിൽ നിന്ന് അങ്ങനെ സകുണമുണ്ടായി അവർ മണ്ടൻ ചോദ്യമാണെന്ന് ചോദ്യ ഭർത്താവിനെ ആദ്യം തന്നെ ബോധ്യപ്പെടുത്തിയ പ്രശ്നമില്ല എന്തുകൊണ്ട് അദ്വൈത ശ്രദ്ധ മനസ്സിലാക്കിയാൽ പിന്നെ അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല അദ്വൈതം മനസ്സിലാക്കി എന്ന് ധരിച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹം മനസ്സിലായിട്ടില്ല അദ്വൈതം മനസ്സിലാക്കിയാൽ അവർ മണ്ടൻ ചോദ്യം എന്തുകൊണ്ട് എന്തുകൊണ്ട് സത്യമായ ഒരു പ്രപഞ്ചം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത് ബ്രഹ്മം സത്യം അതിൽ നിന്ന് സത്യമായ ഒരു പ്രപഞ്ചം ഉണ്ടായി അതെങ്ങനെ ഉണ്ടാകും എന്നുള്ളാണ് ചോദ്യകർത്താവിൽ മനസ്സിൽ തരും പക്ഷെ ബ്രഹ്മം സത്യമാണ് പ്രപഞ്ചമോ കൽപ്പിതമാണ് അപ്പൊ സത്യത്തിൽ കല്പിതമായി എന്ത് സംഭവിക്കാം എന്ത് വ്യവഹാരവും എന്തും കല്പിതമായി സംഭവിക്കാം കൽപ്പിതമായി സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമില്ല അതിനാണ് മരുമരീചികളുടെ ദൃഷ്ടാന്തം പറയുന്നു ഇന്ദ്രജാലത്തിൻ്റെ ദൃഷ്ടാന്തം പറയുന്നു ശുക്തികാരത്തിന്റെ ദൃഷ്ടാന്തം പറയുന്നു അപ്പോൾ നിങ്ങൾ ധരിക്കുന്ന എന്താണ് നിർഗുണമായ ബ്രഹ്മത്തിൽ ഒരു പ്രപഞ്ചം വന്നു കഴിഞ്ഞാൽ അത് ബ്രഹ്മത്തിനെന്തോ ന്യൂനതയെന്നാണ് ധരിക്കുന്നത് അതുകൊണ്ടാണ് ചോദ്യം വരുന്നത് അതെങ്ങനെ നിർഗുണത്തിന് ഹാനി വരത്തില്ലേ എന്ന് പറയുന്നു മരുപരുമീടെ ജലം കൊണ്ടൊഴിക്കലും മരുഭൂമി നനയുന്നില്ല പിന്നെന്താ പ്രശ്നം രജുവുടെ സർപ്പം ഒരിക്കലും രജ്ജുവിനെ കടിക്കുന്നില്ല എന്താ പ്രശ്നം ഇന്ദ്രജാലങ്ങൾ ഒരിക്കലും ഇന്ദ്രജാലക്കാരനെ മോഹിപ്പിക്കുന്നില്ല അപ്പൊ ബ്രഹ്മത്തിൽ പ്രപഞ്ചം വന്നു വിചാരിച്ച് ബ്രഹ്മത്തിന് എന്തെങ്കിലും ന്യൂനത ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം പ്രപഞ്ച സത്യമായിരിക്കണം ബ്രഹ്മത്തിന്യൂനതകൾ വരാം അപ്പൊ നൃഗുണം സത്യമാണ് സഗുണം സത്യം അല്ല കല്പിതമാണ് അപ്പൊ കല്പിതമായി ഒന്ന് ഒരു കല്പനയും അധിഷ്ഠാനത്തെ ഒരു തരത്തിൽ സ്പർശിക്കില്ല ഉണ്ടല്ലേ ആത്മാവിന് അസംഘം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആത്മാവിനെ അസംഘമാവും ആത്മാവിനെ അസംഘമായി സ്വീകരിക്കണമെങ്കിൽ അത് ഇത് പറയുന്നത് എന്താണോ ആത്മാവിന് എന്തൊക്കെയുണ്ടോ എല്ലാം എന്തായി സ്വീകരിക്കണം കല്പിതമായി സ്വീകരിക്കണം കല്പിതമാണെങ്കിൽ മരുമരീക്ഷിക്കും അപ്പോ ജഗത്കാരണത്വം സിദ്ധിക്കുന്നിടത്ത് സാധകത്വം ഇവിടെ എന്താ സാധകം ചെയ്യുന്നത് ജഗത്കാ ജഗത്കാരണത്വം എവിടെ സാധിക്കുന്നു സാധകത്വ കൽപന അതൊരു പ്രകൽപനെ എന്നാണ് ഈ സാധകത്വം കൽപ്പിക്കുകയാണ് വാസ്തവ സാധകത്വം ഇല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ടാണ് എന്ത് പറയുന്നത് സാധകത്വത്തെ കൽപ്പിക്കുകയാണ് അങ്ങനെ കൽപ്പിക്കുന്നതിൽ യാതൊരു അദ്വൈതികൾക്ക് അദ്വൈതഹാനി സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് അവിടെ കൽപ്പിക്കുന്നതും എന്താണ് സംസാരം എന്താ നീ കാണുന്നില്ലേ കൂർവക്ഷിയോട് ചോദിക്കുകയാണോ ത്ശ്യസി നീ കാണുന്നില്ലേ എന്താണോ തത്രയാന കല്പിതം എന്താണോ സംസാരം അതുകൊണ്ട് കെ എം ഭവത അക്ഷമ അംഗീകരിക്കും വലിയ അസഹിഷ്ണുത ഈ അസഹിഷ്ണുത പണ്ടേ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് തുടങ്ങിയെന്നാണ് ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് പണ്ടേ ഉണ്ട് അസഹിഷ്ണുത മനുഷ്യ ഉണ്ടായ കാലത്തേ ഉണ്ട് അപ്പോ ഈ അസഹിഷ്ണുത അദ്വൈരി നേരിട്ട് ധൈര്യകളിൽ നിന്ന് കണ്ടവർ പറയണേ നിങ്ങൾക്കെന്താ ഈ അസഹിഷ്ണുതയുടെ കാര്യം അതിന്റെ അസഹിഷ്ണുതയുടെ യാതൊരു കാര്യവും ഇല്ല എന്തിനാണ് അവർക്ക് അസഹിഷ്ണുത ബ്രഹ്മത്തിൽ ജഗത് ഹേതുത്വ സാധകം ചെയ്യുന്ന ശ്രദ്ധിക്കുന്നിടത്താണ് സാധകത്വകൽപ്പനയിൽ എന്താണ് അസഹിഷ്ണുത കാരണം ഇവിടെ ജഗത്ത് എന്ന് പറഞ്ഞ സംസാരത്തെയാണ് ഉദ്ദേശിക്കുന്നത് സംസാരം അജ്ഞാനകൽപ്പിതമായതുകൊണ്ട് നിങ്ങളുടെ അസഹിഷ്ണുതയുടെ ആവശ്യമില്ല അദ്വൈതത്തിൽ ദ്വൈതം വന്നല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ട കാര്യം ഇല്ല അദ്വൈതത്തിനൊന്നും സംഭവിച്ചിട്ടില്ല ആരോപിത വസ്തു അധിഷ്ഠാനത്തെ സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സുരേഷ് രാജാര്യോ എന്താ പറയുന്നത് സംസാരദശയിൽ ഈ സ്വപ്രകാശിതാത്മാവിൽ പരമാർത്ഥ ധർമ്മങ്ങളൊന്നും തന്നെ ഇല്ല കല്പിതമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്ത നിങ്ങൾ എന്തിനാ ഇത്രയും അസ്വസ്ഥരാകുന്നത് വലിയൊരു സിദ്ധാന്തമാണ് അദ്വൈതത്തെ സംബന്ധിച്ച് ഏഹ് സാധകത്വ പ്രകല്പനാണോ ബ്രഹ്മണി ബ്രഹ്മണി സാധകത്വപ്രകൽപ്പനെ എന്നുള്ളതാണ് പിന്നെ തത്രയവന്ന് വെച്ചാൽ ബ്രഹ്മണി അജ്ഞാനകൽപ്പിതം സംസാരം കിം നശ്യസിത അക്ഷമാ അസ്മാരി സാധകത്വ പ്രകൽപ്പനെ ഞങ്ങൾ ബ്രഹ്മത്തിൽ ജഗത്കാരണത്വം സമൃദ്ധിക്കുന്നു നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്താ സഹിഷ്ണുത ഇവിടെ സാധകത്വ പ്രകൽപ്പന എന്ന് പറയുന്നതിന് വേറൊരു വ്യാഖ്യാനവും ഞാൻ കേട്ടിട്ടുണ്ട് സാധകത്വം എന്ന് വെച്ച് എന്താണ് സാധകൻ ശാസ്ത്ര ശാസനം ഇങ്ങനെയുള്ള ഭേദത്തെ കല്പിക്കുന്നതിൽ എന്നൊരു വ്യാഖ്യാനവും കേട്ടിട്ടുണ്ട് പക്ഷേ ആ സന്ദർഭത്തിൽ കൂടുതൽ യോജിക്കുന്നത് എന്താണ് ബ്രഹ്മത്തിൽ ജഗത് കാരണത്വം ശ്രദ്ധിക്കുന്നതിൽ നിങ്ങൾക്കെന്താണ് മറ്റതും ശരിയാണ് സാധകൻ ശാസ്ത്ര ഉപദേശകൻ ശാസന ഈ ഭേദങ്ങളൊക്കെ എങ്ങനെ ബ്രഹ്മത്തിൽ വരും അദ്വൈവമാണെങ്കിൽ അതിൻ്റെയൊക്കെ ആവശ്യം തോന്നുന്നു ും ഭാഷകാരും ചർച്ച ചെയ്തിട്ടുള്ളതാണ് പലടത്ത് പക്ഷെ ഇവിടെ യോജിക്കുന്നതിലാണ് അങ്ങനാരെങ്കിലും ക്ലാസ് കേൾക്കാറുണ്ടോ ഇണ്ടോ ഹിന്ദി ക്ലാസ് കയ്യിലുണ്ടായിട്ടും ഹിന്ദി അറിയാന്നുള്ളവരും കേൾക്കുന്നില്ല കേക്കണം ഹിന്ദി അറിയാത്തവരും പോട്ടെ എന്തറിയാന്നുള്ളവർ എന്തായാലും കേൾക്കണം കാരണം ഇതുപോലെ പ്രയാസമില്ല ഈ പറയുന്ന എല്ലാം കൂടെ ഒരു മണിക്കൂർ കൊണ്ട് തീരുന്ന നാപ്പത്തഞ്ചു മിനിറ്റ് കൊണ്ട് തീരുന്ന സംഗതിയേ ഉള്ളൂ മനസ്സിലാത്തില്ലേ കേട്ടാലേ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അല്ല ഇത് മനസ്സിലാക്കിയതിന് ശേഷം കേൾക്കണം മുമ്പ് കേൾക്കണ്ട നമ്മളെ ഇരുപത്തഞ്ച് ഗ്ലാസ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ഗ്ലാസ് വരത്തുള്ളൂ അപ്പം ഇത് കേട്ട് ഒരു ധാരണ ഒന്നിനു ശേഷം കേൾക്കണം അതിനെന്താ കുഴപ്പം അപ്പം കൂടുതൽ ചിന്തിക്കാൻ പറ്റും അതിനാ ഞാൻ കേൾക്കണമെന്ന് പറയുന്നു കൂടുതലും മനസ്സ് ഇത് ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ശരിക്കും ഗ്രഹിക്കണമെങ്കിൽ ഒരുപാട് ചിന്ത അല്ലാതെ നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് തോന്നിയാലും അത് മനസ്സിലായിരിക്കണമെന്നില്ല ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു പടം പോലെയൊക്കെ തോന്നുന്നു സിനിമ കാണുമ്പോലെ ഉള്ളൂ അത്രേ ഉള്ളൂ വീണ്ടും അത് ചിന്തിക്കുമ്പോഴും വീണ്ടും ചർച്ച ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ കൂടുതൽ ശരിക്ക് ഗ്രഹിച്ചു വരുന്നത് ഓരോ തവണയെ കൂടി ചിന്തിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോ പഠിക്കുന്ന സമയത്ത് ഇതിങ്ങനെയും ചിന്തിക്കാമല്ലോ ഇങ്ങനെയും അത് വിശദീകരിക്കാമല്ലോ ഇങ്ങനെയും ഒരു തരത്തിൽ അർത്ഥം കൊടുക്കാമല്ലോ എന്നൊക്കെ പിന്നീട് നമ്മൾ ചിന്തിക്കും തോറും മനസ്സിലാവി വരും നിങ്ങൾ കൂടുതൽ ചിന്തിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കൂടുതൽ ആശയങ്ങൾ നിങ്ങൾക്ക് ഇരിക്കും നിഗ്രഹിക്കാൻ പറ്റും അതുകൊണ്ടാണ് ചിന്തിക്കണമെന്നുള്ള ഈ പഠിത്തത്തില് വലിയ കാര്യമൊന്നും ഇല്ല നിങ്ങൾ വിചാരിക്കുന്നത് പഠിക്കുന്നിടത്താണ് കഷ്ടപ്പാട് പഠിക്കുന്ന ഒരു കഷ്ടപ്പാടില്ല അതിന് കഷ്ടപ്പാടൊന്നുമില്ല അത് കഷ്ടപ്പാട് അത് ചിന്തിച്ച് ഗ്രഹിക്കുന്നിടത്താണ് അപ്പോഴേ അറിയൂ പഠിക്കാന്ന് പറയുന്നവരും ടൈം പാസ്സാണ് നിങ്ങൾക്ക് ഇപ്പം അങ്ങനെയല്ലേ ശരിക്കും ചിന്തിച്ചാൽ ടൈം പാസ് അല്ലേ ടൈം പാസ് ആണ് ചിന്തിച്ചാലപ്പം മനസ്സിലാവും മനനം ഇല്ലെങ്കിൽ നമുക്ക് അത്രയും ഇത് വേണം പഠനമെന്നുള്ള അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ശ്രവണവും മനനുമെല്ലാം ഒരേ സമയം പോകണം അപ്പോൾ അതിന് വരുന്ന ദോഷങ്ങളൊക്കെ അപ്പം തന്നെ കണ്ടുപിടിക്കണം അപ്പത്തന്നെ കറക്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കഴിവുണ്ടെങ്കിൽ ശരി അങ്ങനെയും സാധിക്കും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നേ ഉള്ളു പിന്നെ മനനം ചെയ്യുമ്പോഴാണ് പഠിക്കുന്നത് പ്രയാസമുള്ള കാര്യം ഇതിനെ കുറിച്ച് ഒരു ബോധം ഇല്ലാത്തവനും എൻ്റെ ഇവിടെ വന്നിരുന്നു ഇവിടെ എന്താ പറയുക മാർഗങ്ങൾ ഇവിടെ ഇരിക്കും പക്ഷെ മനസ്സിലാക്കുക എന്ന് പറയുമ്പം അത് സംഗതി വേറെയാണ് അതിന് എന്തൊക്കെ ഉപായങ്ങളുണ്ടോ അതെല്ലാം സ്വീകരിക്കാം വായിക്കാം വ്യാഖ്യാനങ്ങൾ ഉണ്ട് അതൊക്കെ റെഫർ ചെയ്യുക എല്ലായിടത്തും വേണ്ട ഇതൊന്നും നമ്മൾ മുഴുവൻ കിടന്ന് വായിക്കേണ്ട കാര്യം ഒരു വ്യാഖ്യാനം ഒന്ന് എവിടെയാണോ മനസ്സിലൊരു ഉടക്ക് വരുന്നത് അവിടെ മാത്രം നോക്കുക അത് മാത്രം ഞാനൊരു രഹസ്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞു പോകും അതുകൊണ്ടാണ് രഹസ്യം വെളിപ്പെടുത്താറ് ചുരുക്കം ഇതാണോ ഇതൊന്നും കിടന്ന് പഠിക്കേണ്ട ആവശ്യം നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചാണ് എനിക്കൊരു ധാരണയുണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സിലാണ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നല്ലേ ഒരു വിലയുള്ളൂ പിന്നെ ഈ വില ചിലന്ന് എന്നോട് ചോദിക്കാറുമുണ്ട് സ്വാമി ഇത് പഠിച്ചതാണോ ഈ പുസ്തകം പഠിച്ചെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു സമാധാനം ഉണ്ട് ഇത് പഠിച്ചതാണ് എന്തിനാ നമ്മള് നമ്മുടെ വില നമ്മളായിട്ട് കളയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പഠിച്ചോന്ന് ചോദിച്ചാൽ ഞാൻ പഠിച്ചില്ല എന്നൊന്നും പറയത്തില്ല എന്നാദ്യ ചില രഹസ്യങ്ങളുണ്ട് താനും അത് അങ്ങനെ ഇരിക്കട്ടെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിൽ എനിക്ക് യാതൊരു വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോഴൊന്നും പഠിക്കാത്തത് എനിക്കാ ഒരു പരിപാടിയിലെ വിശ്വാസം ഇല്ല ഞാനിപ്പോ ആരായനെ പഴയ ചില ആൾക്കാർ പറയും പോലെ ഇപ്പൊ എവിടെ ഇരിക്കേണ്ട ആളാ അങ്ങനെ ഒരു സമ്പ്രദായത്തിൽ എനിക്ക് വിശ്വാസം ഇല്ല അങ്ങനെ വേണ്ട അതിന്റെ ആവശ്യമുണ്ട് പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിക്കണം ചിന്തിച്ചാൽ മതി ചുരുക്കുവാണെങ്കിൽ ഒരു കാര്യം പറയാം എല്ലാം ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടിട്ടേ ഇല്ല ഇത്രയേ പറയുന്നുള്ളൂ ബാക്കിയൊന്നും പറയുന്നില്ല നിങ്ങൾ കഷ്ടപ്പെടുന്നു ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല അപ്പോ ഇവിടെ സ്വസമ്പ്രദായം ആചാര്യന്റെ അഭിപ്രായം പറഞ്ഞു ഇത് സുരേഷ് രാചാര്യ അത് വാർത്തക അനുസരിച്ച് പറയും ഇനി വേറൊരു പ്രസ്ഥാനമനുസരിച്ച് പത്മവാദാചാര്യരുടെ അഭിപ്രായം പറയുന്നു ഇതും വളരെ പ്രസിദ്ധമാണ് ആനന്ദോ വിഷയാനുഭവോ നിത്യത്വം ചെയ്തി സന്തി ധർമാ ബാക്കി താഴെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപൃതക്വേബി ചൈതന്യാസന്തി അന്യോന്യസ്സുഅന്യോന്യാത്മകത അന്യോന്യധർമാം അധ്യസ്യ എന്ന് പറഞ്ഞെടുത്ത ഭാഷ്യമാണത് വ്യാഖ്യാനം ഭാഷ്യാനം അന്യോന്യധർമ്മങ്ങളെ അധ്യസിക്കുമെന്ന് പറയാം അങ്ങനെ സംഭവിക്കുക ചിത്തിൽ ജഡർമ്മങ്ങളെ അധ്യസിക്കുക ജഡത്തിൽ ചിത്തിന്റെ ധർമ്മങ്ങളെ അധ്യസിച്ചാലേ അന്യോന്യ അധ്യാസമാകത്തുള്ളൂ ഇപ്പം നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ എന്താ ധർമ്മമുള്ളത് ജഡത്തിൽ അധ്യസിക്കാൻ എന്നുവെച്ചാൽ ഇദ്ദേഹം നമ്മളിത് അവിടെ ഒരുപാട് ചർച്ച ചെയ്തതാണ് ഈ ശരീരത്തിൽ ചൈതന്യത്തിന്റെ അധ്യാസം ആത്മാവിന്റെ അധ്യാസം മറിച്ച് ശരീരത്തിന്റെ അധ്യാസം അന്ധത്വ സ്ഥൂലികൾ ചൈതന്യത്തിലധ്യസിക്കുക എന്നിട്ടാണ് പറയുന്നത് അഹം സ്ഥൂലഹ എന്നൊക്കെ പറയുന്നു ഇങ്ങനെയാണ് എതിരെതിരെ അധ്യാസം എന്ന് പറയും അന്യോന്യ അധ്യാസം എന്ന് പറയും അവിടെ പൂർവക്ഷി യോജിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും ഈ ജഡത്തിന് ധർമ്മങ്ങളുണ്ട് അത് ചൈതന്യത്തിൽ അധ്യസിക്കാൻ ശരിയാണ് പക്ഷെ ചൈതന്യം നിർധർമ്മമാണതെങ്ങനെ അതിൻ്റെ ഏത് ധർമ്മമാണ് ശരീരത്തിൽ അധ്യസിക്കുന്നത് എങ്ങനെ സാധിക്കും ധർമ്മമില്ലാത്ത ചൈതന്യത്തിന്റെ ധർമ്മങ്ങൾ ശരീരത്തിൽ എങ്ങനെ അധ്യസിക്കും അതിന് സമാനം പറയാണ് അപ്പൊ പറയുന്ന എന്താണ് ചൈതന്യത്തിന്റെ ധർമ്മമാണ് ചൈതന്യം ആത്മാവിന്റെ ധർമ്മമാണ് ചൈതന്യം അത് ശരീരത്തിൽ അധ്യക്ഷിച്ചിട്ടാണ് പറയുന്നത് ഇതാ ഈ ശരീരം ചൈതന്യമത്താണ് ശരീരത്തോട് ചേർത്ത് ഞാൻ പറയും ഞാൻ ചേതന്യനാണ് അപ്പൊ ഇതെങ്ങനെ സംഭവിക്കും അതിന് സമാധാനമാണ് പത്മവാതാചാര്യർ പറയുന്നത് ആനന്ദം അല്ലേ ഈ ശരീരത്തിലൂടെ നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള ആനന്ദത്തെ അനുഭവിക്കുന്നു തെന്നും കുടിച്ചും എല്ലാം ശരീരമാധ്യമത്തിലൂടെ അനുഭവിക്കുന്നു വിഷയാനുഭവങ്ങൾ അനുഭവങ്ങൾ ഉണ്ടാകുന്നു ശബ്ദസ്പർശരൂപരസന്ധ അനുഭവങ്ങൾ ഉണ്ടാകുന്നു നിത്യത്വം നിത്യമല്ലെങ്കിൽ നമുക്ക് അനുഭവം ഉണ്ടല്ലോ ഇതൊക്കെ സത്യമാണ് താൽക്കാലികമാണെങ്കിലും ഇങ്ങനെയുള്ള ചൈതന്യധർമ്മങ്ങൾ ദേഹത്തിൽ അധ്യസിക്കുന്നുണ്ട് ഇതൊക്കെ ധർമ്മമാണോ കൽപ്പിതധർമ്മങ്ങളാണോ വാസ്തവത്തിൽ ഇതെല്ലാം ബ്രഹ്മസ്വരൂപമാണ് എന്ത് ആനന്ദം ജ്ഞാനം സത്ത ഈ മൂന്നിനാണ് ഈ പറയുന്നത് ഇത് മൂന്നും ബ്രഹ്മസ്വരൂപമാണെങ്കിലും നമ്മൾ സർവ്വത്ര അനുഭവിക്കുന്നു സർവ്വ വിഷയങ്ങളിലും അനുഭവിക്കുന്നു അപ്പൊ ഒന്നിനെ തന്നെ കല്പിച്ച് സർവത്ര നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ്രഹ്മം നിർധർമ്മമാണെങ്കിലും ബ്രഹ്മത്തിലും കൽപ്പിതമായ ധർമ്മങ്ങളെ നമ്മൾ അനുഭവിക്കുന്നത് ഈ പ്രപഞ്ചത്തുവാണെന്ന സത്യത്വ അനുഭവമൊക്കെ എന്താണ് ബ്രഹ്മത്തിന്റെ കല്പിതധർമ്മങ്ങളാണ് വാസ്തവത്തി അത് ബ്രഹ്മസ്വരൂപമാണ് പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് കല്പിതമായിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയുന്നത് ഇത് ഒരു യഥാർത്ഥമാണോ പ്രജ്ജ്വല സർപ്പം മിഥ്യയാണ് പക്ഷെ എന്റെ ശരീരം അങ്ങനെയല്ല ഇത് സത്യമാണ് എന്ന് പറയില്ലേ മരുമരീചികാസത്യം തന്നെ മായാവിയുടെ ഇന്ദ്രജാലത്തിൽ കണ്ട ശരീരം അസത്യം പക്ഷെ എന്റെ ശരീരം അങ്ങനെയല്ല യഥാർത്ഥമാണ് ഈ യാഥാർത്ഥ്യ ബോധം എവിടെ വന്നു ബ്രഹ്മത്തിന്റെ യാഥാർത്ഥ്യം കല്പിതമായി ഇത് വരുന്നതാണ് അപ്പൊ പോലെ തന്നെ കല്പിതമായ അവ ഇവിടെ അനുഭവിക്കുന്നുണ്ട് ബ്രഹ്മം തന്നെ ആനന്ദം വിഷയാനുഭവം നിത്യത്വം സച്ചിദാനന്ദ ഇത് തന്നെ പറയുന്നു ചെതി സന്ധി ധർമാ ഈ ധർമ്മങ്ങളെല്ലാം അപൃക്തത്വ അഭിചൈതന്യാ ചൈതന്യത്തിൽ എല്ലാം അപൃക്തമാണ് അഭിന്നമാണ് പൃഥക് അല്ല എങ്കിലും എന്ത് പൃഥക് യുവാ ഇതെല്ലാം ദേഹത്തിന്റേതാണ് പ്രപഞ്ചത്തിൻ്റെതാണ് എന്നതുപോലെ ഇതൊക്കെ ബ്രഹ്മമാണെന്നെല്ല അറിയുന്നു അതാണ് പൃഥക് യുവാന്ന് പറഞ്ഞത് പൃഥക് അല്ലാത്തത് ഈ ജഗത്തിൽ സത്യത്വത്തെ അനുഭവിക്കുന്നില്ലേ ജഗത്തിൽ ആ സത്യത്വത്തെ അനുഭവിക്കും ആരെങ്കിലും പറയുമോ ഇത് താ ബ്രഹ്മമാണ് ബ്രഹ്മസത്യമാണ് എന്റെ മുമ്പിൽ നിന്ന് ആരെങ്കിലും പറയുമോ സ്വന്തം അന്തകർണത്തിൽ ആനന്ദത്തെ അനുഭവിക്കുമ്പോൾ ആർക്കെങ്കിലും പറയാൻ കഴിയുമോദാ അത് ആനന്ദസ്വരൂപമായ ബ്രഹ്മമാണ് പറയാൻ കഴിയും അപൃട്ടത്വ അപി പൃഥക് ഇവരിട്ട പോലെ വേറിട്ട് നമ്മുടെ അനുഭവത്തിന് വിഷയമായതുപോലെ അവഭാസത്തെ പ്രതീതമാകുന്നു അവഭാസത്തെ പ്രതീതമാകുന്നു എന്താ നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യക്കാര്യത്ത് ഭാഷകാരൻ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് പറഞ്ഞ കാര്യമാണ് ഈ അനുഭവിക്കുന്ന ഈ അനുഭവത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല താർക്കീയനും അഭിപ്രായ വ്യത്യാസവും ഇല്ല താർക്കികനും ആനന്ദാനുഭവമുണ്ട് താർക്കീയനും സത്യത്വ ബുദ്ധിയുണ്ട് താർക്കീയനും വിഷയാനുഭവമുണ്ട് പക്ഷേ ഈ അനുഭവത്തിൻ്റെ സ്വരൂപം എന്താണ് ഇതിനെക്കുറിച്ച് ശരിയായ വിചാരം ചെയ്ത് ഞങ്ങളുടെ ആചാര്യ പരമ്പരയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ചാര്യം പറയുന്നു അപ്പോൾ അത് അദ്വൈതത്തിലെ ഒരു പരമാർത്ഥ സത്യമാണ് വളരെ സൂക്ഷ്മമായൊരു സത്യമാണ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതത്തിലെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അധ്യാസം എങ്ങനെ സംഭവിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തത്വം എന്നുള്ളത് മനസ്സിലാകുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പച്ച എന്ന് പറയുന്ന വെറും ഒരു തർക്കത്തെക്കുറിച്ച് പറയുന്ന ഇതല്ല പലരും അങ്ങനെ ധരിച്ചിരിക്കുന്നു സിദ്ധാന്തത്തെ ശരിയായ രീതിയിൽ ഇങ്ങനെ പല സന്ദർഭങ്ങളും വ്യക്തമാകുന്നുണ്ട് സിദ്ധാന്തം എന്താണെന്ന് ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഇതൊരുപാട് സഹായിക്കുന്നതുമാണ് പിന്നെ തർക്കം വേണം ഇതിലേക്ക് കിടക്കണമെങ്കിൽ വലിയ തർക്കത്തിൻ്റെ ആവശ്യം ഒരു സാമാന്യമായൊരു വരവ് അത് വേണം ഉണ്ടെങ്കിൽ സിദ്ധാന്തം പല ഭാഗങ്ങളിൽ ഇതുപോലെ വളരെ സ്പഷ്ടമാക്കി പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം അതും എപ്പോഴും തത്വം നമുക്ക് സ്പഷ്ടമാകുന്നത് ഒരു തത്വപ്രഭാഷണം നടത്തുമ്പോഴല്ല തത്വപ്രഭാഷണം നടത്തിയാൽ നമ്മുടെ മനസ്സിൽ പതിയട്ടല്ല നമ്മുടെ മനസ്സിനൊന്നും ഏകാഗ്രതയുള്ള മനസ്സുകളല്ല അത് ഒരു വിഷയത്തിൽ നിന്നിട്ട് വേറൊരു വിഷയത്തിൽ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സ് അപ്പോൾ കാന്തം പിടിക്കുന്നതുപോലെ ഒരു തത്വം അങ്ങോട്ട് ഒരാൾ വെളിപ്പെടുത്തിയാൽ അങ്ങനെ അങ്ങ് പിടിച്ചെടുക്കാനുള്ള ശേഷിയൊന്നും മനസ്സിനില്ല മനസ്സുണ്ടാവില്ല പക്ഷേ നമ്മൾക്ക് പരദൂഷണം കുശമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ താല്പര്യമുള്ളവരായതുണ്ട് പൂർവോക്ഷം പറഞ്ഞ് നിഷേധിച്ചിട്ട് പറയുമ്പോ ആയിപ്പിടികട്ടി അതാണ് അവർ കുറെ കുറ്റമൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ പറഞ്ഞതിന് ശേഷം പറയണമെങ്കിൽ ആ അയ്യപ്പ മനസ്സിലായി നമ്മുടെ മനസ്സെങ്ങനെയാണ് അതിന്റെ ഘടന എങ്ങനെയാണ് അതുകൊണ്ട് തറ തർക്കീന ഒന്നും മോശമാക്കി അവൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു ഓ വേറെ ഒരു ചീത്ത അല്ല പൊതുവെ അങ്ങനെയാണ് ഈ ശിഷ്യന്മാർക്ക് ഗുരുക്കന്മാർ എന്തെങ്കിലും സതുപദേശം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഉണർന്നിരുന്നേ വാ അത് പാലും പഞ്ചസാരയും ചേർത്ത് കഴിച്ചതുപോലെയാണ് ചീത്ത പറയുന്നത് ഭയങ്കര സന്തോഷം എന്തുകൊണ്ട് നമ്മുടെ മനസ്സെങ്ങനെയാണ് മനസ്സിന്റെ ഘടന എങ്ങനെയാണ് അതേ ടെക്നിക്കന്നെയാണ് ഇവിടെ ആചാര്യന്മാരുപയോഗിക്കുന്നത് അപ്പം ഈ വാദപ്രതിവാദങ്ങളും ഖണ്ഡനം മണ്ഡലമൊക്കെ ഒരു മനസ്സൊന്ന് ഉണർന്നിരിക്കുക ഒന്നും മനസ്സിലാക്കണമല്ലോ അതാണ് അപ്പോ മനസ്സൊന്നുണ്ടരും പിന്നെ സിദ്ധാന്തം പറയുമ്പോൾ മനസ്സിലാവും ആ ഒരു രീതിയാണ് ഇവിടെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ടാചാര്യന്മാരുടെ അഭിപ്രായം ഇവിടെ പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് ആനന്ദോപക്ഷ അനുഭവം നിത്യത്വം ചെയ്ത ധർമാഹിതി പഞ്ചപാതിക ആചാര്യ വചനാ പഞ്ചപാതിക ആചാര്യന്റെ വചനവും ശരീശ്വരാചാര്യന്റെ വചനവും ഇവർ രണ്ടുപേരുമാണ് അദ്വൈതികളുടെ തലതൊട്ടപ്പന്മാർ അവർക്കപ്പുറം വേറെ ആരുമില്ല പിന്നെ അന്മേലുണ്ടെങ്കിൽ ശങ്കരാചാര്യ ഗോഢപാതാചാര്യർ അവരൊക്കെ ഉള്ളു അപ്പം അവർ രണ്ടുപേരും ഈ കാര്യത്തെ യോജിക്കുകയാണ്